പറയുക ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഉപദേശം നൽകുന്നു നിങ്ങൾ അല്ലാഹു സുബഹാനഹുവ ചായാലായുടെ മുൻപിൽ ഇരണ്ടാളായും ഒറ്റയ്ക്കായും നിൽക്കുക ശേഷം ചിന്തിക്കുക നിങ്ങളുടെ കൂടെയുള്ളയാൾക്ക് ഭ്രാന്തൊന്നുമില്ല കഠിനമായ ശിക്ഷയ്ക്കു മുൻപായി നിങ്ങൾക്ക് നൽകപ്പെട്ട ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അദ്ദേഹം